ഷിഭ്യ ഓ അന്തരാപാത്തേ ശാത്തപാവനമചിന്യവൈഭവം തന്നരം വപുഷി കുഞ്ചരം മുഖേ നന്മഹേന്തിലം മഹുർബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ ഈശ്വരോ ഗുരുരാത്മേതി मूर्ति देहाय മൂർത്തിഭേദവിഭാഗി വ്യോമപത്വ്യാതദേഹാ ദക്ഷിണമൂർത്താതിമധ്യം നി കരചരണം നാമഗോത്രം നൂത്രം നോ ജാതിർന്ന വണ്ണത്തി പുരുഷോ നസം നീ ം നി ജനിമരണസ്തി പുണ്യം നാപം തോ തും സഹജ സമരസം സദ്ഗുരു തം നമു സദാശിവസമാരംഭം ശങ്കചാര്യമധ്യമാസ്മദാചാര്യപര്യ വന്ദേ ഗുരുപരംപരാ ൗനവ്യകട്രഹ്മം യുവാനഷ്ടേവ സദൃശിഗണൈരാവൃതം ബ്രഹ്മനിഷാരേന്ദ്രം കരകളിതചന്മുദ്രമാനന്ദമൂർത്തിമുദനം ദക്ഷിണമൂർത്തിമീഢേ വേദന്വിഭാസകാ യതേ शान्ताय शाताय सन्यासीनी नानावादिगेन्द्र सोगींद्रवंदय च मोहध्वांतवाकत्दाता तस््य नमोस्तु सततं। अपार पूर्णा बोधत्मनेपारसचिखवाशे यस्योर्मि मात्रं भुवनं യോർമിമാത്രം ഭുവനം സമസ്ത चिन्ताविहीनं രമണം ഗഭീരം ചിന്വിഹീനൃ ചിന്തയാഹം മൃണ്മയവ്ജടാത്മകഹം ബുദ്ധി നാഹം തത്തദാവസുക്തിസമേ സിദ്ധാത്മസദ്ഭാവത്തോഹം ഭാവയു കു വരധിയാ ദൃഷ്ടത്മനിഷ്ടാത്മനം सोहं സ്ഫൂർത്തിതയാ അരുണാചലശിവർണോ विभातिस्वयं സ്വയം കരുണാൂർണസുധാബ്ധേ കവളിദന വിശ്വ കിരണാവലിയ അരുണാചല പരമാരുണോഭവ ്യരുചലസം ഭൂസ്തി പ്രലീനമേതം ഹൃദ്യഹിത്മതയാസ്തേ വദി ഹൃദയം നാമ അഹമിതി കൂത ആയാദീന് തഷ്ടയാമലധിയവഗമ്യ സ്വം ൂപ്പം ശാമ്യരുണാചല ി നദീവാബ്ധോ തൃ വിഷയം ബാഹ്യം രുദ്ധപ്രാണേന രുദ്ധമനസാത്തയൻ പശ്യതി യോഗീ ദീധിതി അരുണാചലി മഹീയൻ തേ ർപ്പമനസം പശ്യൻ സർ തൃതികയാ സതും ഭജത്തെ അനന്യീ സജയത്രുണാചല ി സുഖേ മഗ്ന ശോണപ്രഭം സോമകലാവതം സ പാണിസ്ഫുരത് പഞ്ചശലേക്ഷുചാണപ നൗമു പിന്നാകണേ കോണത്രയസ്ുലതീവതം നഹയകുഹരമധ്യേ കെയലം ബ്രഹ്മമാത്രംമഹമിതി സാക്ഷാത്മരുപേണ ഭാതി ഹൃദി വിഷമനസാ സ്വ ചിന്വന ചലന രുചാത്മനിഷ്ടോഭ യോന്ത് പ്രവിശ്യമമ വാചിമാസുപ്ത സഞ്ജീവയ ഖില ശക്തിധരസ്വധ്യംശ്രവണത്ഗാദീ പ്രാണന്നോ ഭഗവതി പുരുഷായഭ്യം ശാരദാരോജവദുജസ്മാക്കധി സധി കിയാ കാചന്ദ്രസമാനക്കാത്തിരാജസ്തു മൂക്കാമപുരധുനീകൈഭവം ശ്രീ കാച്ചീനഗരീ വിഹാരരസി ശോകാഹന്ത്രീ സേകാ പുണ്യപരം പരാ പശുപത്തെ ആകാരിണീ രാജത്തെ ധേയം സദാ പരിഭവഗ്നമീഷ്ടദോഹം തീർത്ഥാദം ശിവവിരിഞ്ചിന്തും ശരണ്യം പ്രണതപാഭഭമാരുഷത്തെ ശരണാരവി സുദുസ്ഥജസുരേപ്സിതരാജ്യലക്ഷ്മി ധർമ്മിഷ്ട ആര്യവസാദാദരണ്യം മാൃഗം ദൈതയെപ്പ്സിതമന്വേ മഹാപുരുഷത്തെ ചരണാരവിന്ദരി ഓ ഭജോവിന്ദം ഭജോവിന്ദം ഗോവിം ഭജ മൂഢമത്തെ സമ്പ്രാത്തെ സിത്തെ കാളേ നക്ഷതിക ൂഢീനാഗമതൃഷ്ണ കൂരു സദ്ബുദ്ധിം മനസി വിതൃഷ്ണഭോ വിന വിനോദയ ചിത്തം സത്സംഗേ നിസ്സംഗം നിസ്സംഗോഹ നിമോഹേ നിശ്ചലിതം നിശ്ചലവം നിശ്ചലതേ ജീവൻമുക്തി ഒരു ജീവനും പരമമായിട്ടുള്ള ലക്ഷ്യം ഭഗവത് സാക്ഷാത്കാരവുമാണ് ഭഗവാനെ അനുഭവത്തിൽ കൊണ്ടുവരിക ആ അനുഭവത്തിൽ കൊണ്ടുവരുന്നതിന് പേര് തന്നെയാണ് ഭക്തി ഭക്തി എന്നുവെച്ചാൽ അനുഭവം അനുഭൂതി സ്വരൂപ അനുസന്ധാനം ഭക്തി സ്വസ്വരൂപ അനുസന്ധാനം ഭക്തിയില് ധ്യാനം ഏർപ്പെടുന്നു ഒരു പാത്രത്തിൽ നിന്നും മറ്റൊരു പാത്രത്തിലേക്ക് നെയ്യ് ഒഴിച്ചാൽ വിച്ചിത്തിയില്ലാതെ നെയ്യ് ഒഴുകുന്ന പോലെ തൈലധാര പോലെ വിച്ചിത്തിയില്ലാത്ത അനുസന്ധാനം ഭക്തി അപ്പോ ആ ഭക്തി ഉണ്ടാവാൻ ഉള്ള മാർഗമാണ് ഭജനം പ്രഹ്ലാദൻ നവവിധ ഭാവങ്ങളെ പറഞ്ഞു ഭക്തിയുടെ പരമമായ കാഷ്ട ആത്മനിവേദനം ശരണാഗതി ഭഗവാന് നമ്മളെ തന്നെ അർപ്പിക്കൽ ശരണാഗതി അങ്കി ബാക്കി എട്ടെണ്ണം അംഗം സ്മരണം കീർത്തനം വിഷ്ണോഹോ സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം ആത്മനിവേദനം ആത്മനിവേദനം എന്നുള്ളത് അങ്കി പ്രധാനം ഈ ആത്മനിവേദനത്തിന് നമ്മളെ പക്വപ്പെടുത്തുന്ന അംഗങ്ങളാണ് സ്മരണം ശ്രവണം കീർത്തനം സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം ആദ്യത്തെ പടി ശ്രവണം भक्ति श्रवण आरंभ ज्ञान श्रोतव्यो मंतव्यो निधिध्यासीव्यज्ञव्यन मैत्रीयोड़ा अरे मैत्रेय अरे अयमात्मा द्रष्टव्य हे मैत्रेय आत्मा का दर्शिका अुभविक ആത്മാനുഭവം നേടേണ്ടിയിരിക്കുന്നു എങ്ങനെ നേടും ശ്രോതവ്യോ മന്ത്രവ്യോ നിധിധ്യാസിതവ്യ ആത്മാവിനെ കേൾക്കണം കേട്ടാൽ മാത്രം മതിയോ ചിലർക്ക് കേട്ടാൽ ഉടനെ പിടിക്കും കേട്ടാൽ ഉടനെ അനുഭവത്തിലേക്ക് വരും ശ്രവണ മാത്രത്തിലെ അനുഭവത്തിലേക്ക് വരും എങ്ങനെയെന്ന് വെച്ചാൽ കഴുത്തിൽ കിടക്കുന്ന മാല കാണാനില്ല എന്ന് പറഞ്ഞ് തെരഞ്ഞു നടക്കുന്ന ആൾക്ക് അയാൾക്ക് ഇനിയിപ്പോൾ ആ മാല അവിടെ ഉണ്ട് എന്ന് കണ്ടെത്താൻ എന്ത് സാധനം വേണം കാണിച്ചു കൊടുക്കണം അത് അവിടെ ഉണ്ട് എന്ന് കേൾക്കണ മാത്രത്തിൽ റെക്കഗ്നീഷൻ ഇവിടെ ഉണ്ട് എന്ന് കിട്ടി ഇതുപോലെ ശ്രവണ മാത്രത്തിൽ ആത്മസാക്ഷാത്കാരം ചിലർക്ക് അത് സാധ്യമല്ല അതെങ്ങനെയാന്ന് വെച്ചാൽ ഭ്രാന്ത് പിടിച്ചവരെ ചിലർക്ക് ചിലപ്പോൾ ഭ്രാന്ത് പിടിക്കുമ്പോൾ അവരവരെ തന്നെ മറന്നുപോകും ഐഡന്റിറ്റി ക്രൈസിസ് അവർക്ക് ഓർമ്മയുണ്ടാവില്ല അത്ര അവരെ അവരെ മറ്റു വല്ലവരുമായിട്ട് കരുതാം ജവഹർലാൽ നെഹ്റു പ്രൈം മിനിസ്റ്റർ ആയിരുന്നപ്പോ ഭ്രാന്ത് ആശുപത്രിയിൽ പത്ത് നാൽപ്പത് പേരുണ്ടായിരുന്നു അത്രേ ഞങ്ങൾ ജവഹർലാൽ നെഹ്റു ആണെന്ന് വന്നിട്ട് അദ്ദേഹം ഒരു ആശുപത്രിയിലെ സന്ദർശിക്കാൻ പോയപ്പോ ഒരു ഭ്രാന്തന് ഭ്രാന്ത് ഗുണമായിട്ട് റിലീസാവുകയാണ് അപ്പോ നെഹ്റു തന്നെ റിലീസ് ചെയ്തു എന്നാണ് അപ്പൊ നെഹ്റു അദ്ദേഹത്തിന് ഷേഖാൻഡ് കൊടുത്തു അദ്ദേഹം നെഹ്റുവിനോട് ചോദിച്ചു നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു അപ്പൊ ജവഹർലാൽ നെഹ്റു പറഞ്ഞു ഞാൻ ജവഹർലാൽ നെഹ്റു ആണ് ആ ഞാനും ഇങ്ങനെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് കുറച്ചൊക്കെ തന്നെ മറ്റൊരാളായിട്ട് കരുതാം അപ്പൊ അയാളെ മാറ്റണമെങ്കിൽ കുറച്ചു നേരം പിടിക്കും അല്ലേ പതുക്കെ പതുക്കെ അയാൾക്ക് പറഞ്ഞു കൊടുത്ത് ഇതല്ല നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ സ്വരൂപം എന്താണ് ചിന്തിക്കൂ എന്ന് പതുക്കെ പതുക്കെ താനല്ലാത്തത് മാറ്റി തന്നെ കാണേണ്ടിയിരിക്കും തെറ്റിദ്ധാരണ കൊണ്ടാണെങ്കിലും കുറച്ചു കാലം പിടിക്കും അവിടെ ശ്രോതവ്യോ മന്തവ്യോ ആത്മാവിനെ കുറിച്ച് കേൾക്കേണ്ടിയിരിക്കുന്നു കേട്ടാൽ ഒരു പ്രാവശ്യം കേട്ടാൽ അനുഭവത്തിൽ വരുന്ന ഒരു പക്വത ഒരു മെച്യൂരിറ്റി ഇല്ലാത്തതുകൊണ്ട് മന്ദവ്യ നല്ലവണ്ണം മനനം ചെയ്യേണ്ടിയിരിക്കുന്നു മനനമെന്താ താനല്ലാത്തതിനെ ഒക്കെ മാറ്റി തന്നെ കണ്ടെത്താം തൊണ്ടുകൊത്തി മാറ്റി അരിയെടുക്കണ പോലെ താനല്ലാത്തതൊക്കെ മാറ്റിയെടുത്ത് ശരീരം ഞാനല്ല ഈ മനസ്സ് ഞാനല്ല ഈ ബുദ്ധി ഞാനല്ല അഹങ്കാരം ഞാനല്ല സൂക്ഷ്മമായി വരുന്ന ചിത്തവൃത്തികൾ ഒന്നും തന്നെ ഞാനല്ല പിന്നെ യഥാർത്ഥമായി ഞാൻ ആരാണോ െ വിചാരം ചെയ്ത് തന്നെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു തന്റെ സ്വരൂപം കണ്ടെത്തേണ്ടിയിരിക്കുന്നു അതിന് പക്വത വേണം ചെയ്യാൻ പോലും കാമം ക്രോധം പ്രബലമാണെങ്കിൽ വിചാരം ചെയ്യാൻ സാധ്യമല്ല കാമം ക്രോധം ലോഭം മോഹം തൃക്വാത്മാനം ഭാവയ കോഹം ോധം ലോഭം മോഹം തെക്വാ ആത്മാനം ഭാവയ കോഹം ആത്മജ്ഞാന വിഹീനൂത്മജ്ഞാനമില്ലാത്ത ആളുകള് നരകത്തില ചെന്ന് പജിക്കപ്പെടും കുക്കറിലിട്ട് കുക്കിംഗ് നടത്തുന്ന പോലെ നരകത്തിലിട്ട് വേവിക്കും എത്ര ആളുകൾ എന്താ നരകം അജ്ഞാനം കൊണ്ടുള്ള സംസാരത്തിലുള്ള ദുഃഖം തന്നെ നരകം നമ്മളുടെ യഥാർത്ഥ സ്വരൂപം അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളെ ദേഹം എന്ന് കരുതും ദേഹം എന്ന് കരുതിയാലോ അതോടുകൂടെ നിൽക്കുന്നില്ല ദേഹസംബന്ധമായ വസ്തുക്കളോടൊക്കെ താൽപ്പര്യം എന്നാൽ എല്ലാവർക്കും സാധിച്ചെടുക്കാൻ പറ്റുമോ പറ്റില്ല സാധിച്ചെടുക്കാൻ പറ്റാതെ വരുമ്പോൾ അതിനോടുണ്ടാവുന്ന വിഷമം ഇതിൽ നിന്നും മതം മാത്സര്യം അനേകവിധത്തിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടായി വരും അപ്പോ തൃക്വാ ആത്മാനം ഭാവയ കോഹം താനല്ലാത്തതൊക്കെ മാറ്റാൻ പതുക്കെ പതുക്കെ കാമക്രോധങ്ങളൊക്കെ നീക്കണം മൂന്ന് ശത്രുക്കൾ മുഖ്യമായിട്ട് കാമക്രോധ ലോഭശ് ദേഹേ തിഷ്ടി തസ്കരാ ജ്ഞാനരത്ന അപഹാരാ തസ്മാത് ജാഗ്രത ജാഗ്രത ഭഗവാൻ ഭഗവത്ഗീതയിലും പറഞ്ഞു കാമയേഷക്രോധയേഷ രജോ ഗുണസമുദ്ഭവ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു കാമക്രോധശ്ശ ലോഭ ഇത് മൂന്നും ഉള്ളില് കിടക്കുന്നു കാമം എന്താണ് ആഗ്രഹം വസ്തുക്കളെ ശേഖരിക്കാനുള്ള ആഗ്രഹം കാമം അത് കിട്ടാതെ വരുമ്പോ ഏർപ്പെടുന്നത് കോപം നമ്മൾക്ക് കിട്ടേണ്ടത് വേറെ ആർക്കെങ്കിലും കിട്ടുമ്പോ ഏർപ്പെടുന്നത് അസൂയ കിട്ടിയാൽ എത്ര കിട്ടിയാലും പോരാ തോന്നണത് ലോഭം ഇത് മുഖ്യമായി നമ്മളുടെ ജീവിതത്തിൽ എനർജി മുഴുവൻ ഇതിൽ പോയിക്കൊണ്ടിരിക്കും ഈ കാമത്തിലും ക്രോധത്തിലും ഇതിന്റെ സമ്പാദനത്തിലും ഇതിന്റെ പിടിയിലിരിക്കുന്നിടത്തോളം കാലം കോഹം വിചാരം പറ്റില്ല എന്നാണ് എന്ന് വിചാരം സാധ്യമല്ല കാരണം എന്താ ശ്രദ്ധ മുഴുവൻ ഇതിൽ പോയിക്കൊണ്ടിരിക്കുകയാണേ ശ്രദ്ധ മുഴുവൻ കാമത്തിലും ക്രോധത്തിലും കാമം ഉണ്ടാവാൻ കാരണം എന്താ ഈ കാണപ്പെടുന്ന പ്രപഞ്ചം സത്യമാണ് എന്നുള്ള ആദ്യത്തെ തെറ്റിദ്ധാരണ സത്യമാണെന്ന് തെറ്റിദ്ധരിച്ചു കഴിഞ്ഞാൽ അടുത്തപടി എന്താ അതിൽ ഓരോ വസ്തുക്കളിലും മനസ്സ് പോയി നിൽക്കും വിഷയാൻ പുംസഹ സംഘസ്തേഷു ഉപജായ ഭഗവാൻ പടിപടിയായിട്ട് പറയാണ് ലോകം വാസ്തവമാണെന്ന് ആദ്യം തെറ്റിദ്ധരിച്ചു എന്നിട്ട് തെറ്റിദ്ധരിച്ചു കഴിഞ്ഞാല് അതില് സുഖം തരുന്ന വസ്തുക്കളോട് രാഗം സുഖം നമ്മൾ ഭാവന ചെയ്യാണ് ആ വസ്തുക്കളോട് രാഗം ദുഃഖം തരുന്ന വസ്തുക്കളോട് ദ്വേഷം രാഗദ്വേഷങ്ങൾ കൊണ്ട് അതിനിങ്ങനെ ഭാവന ചെയ്യും നമ്മള് അനുസന്ധാനം ചെയ്യും ധ്യായതോ വിഷയാനും ചിലർ ചോദിക്കുക ടി വി കണ്ടത് കൊണ്ട് ഇപ്പൊ എന്താ തെറ്റ് കണ്ടത് കൊണ്ട് തെറ്റൊന്നുമില്ല എപ്പോഴെങ്കിലും ഒക്കെ കണ്ടു എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ നിരന്തരം മുന്നൂറ്റി ദിവസവും അനുസ്യൂതം കണ്ടുകൊണ്ടേയിരുന്നാൽ ഭഗവാൻ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ നീ എന്നെ ആരും കുറ്റം പറഞ്ഞില്ലേ ഗുരുവായൂരൊപ്പം പറഞ്ഞുപും സഹ നിരന്തരം അത് കണ്ടുകൊണ്ടിരുന്നാൽ ഒരേ സീരിയൽ അല്ലേ അവർക്കും അറിയാം ഗീത പഠിച്ചിട്ടാണ് അവര് സീരിയൽ എടുക്കുന്നത് അതുകൊണ്ട് അവർക്ക് അറിയാം അവസാനിക്കേ ഇല്ല ആ സീരിയൽ അവസാനിക്കുകയില്ല അനുസ്യൂതം നമ്മളെ വിഡ്ഢികളാക്കാം മടയന്മാരാക്കാനായിട്ട് തുടർന്നുകൊണ്ടേ പോവുക തുടർന്നുകൊണ്ടേ പോവുക ഇത് കണ്ടിട്ട് ആളുകൾക്ക് ടെൻഷനാണ് അവരവരുടെ കുടുംബ പ്രശ്നങ്ങളെക്കാളും ടെൻഷൻ നാളെ ഇതിൽ എന്താവുമോ എന്നാണ് നമ്മളെ അവര് അതിലത്തെ കഥാപാത്രങ്ങളെയും അതിലത്തെ സംഭവങ്ങളെയും വാസ്തവം എന്ന പോലെ ചിന്തിപ്പിക്കും അതേപോലെ തന്നെ ലോകത്തിലെ പല വസ്തുക്കളും അങ്ങനെ ധ്യായ സഹ ഈ നിയമം അറിയാം വീണ്ടും വീണ്ടും വീണ്ടും കാണിച്ചു കഴിഞ്ഞാൽ മനസ്സ് അത് സത്യം എന്ന് ധരിച്ച് അതിങ്ങനെ അനുസന്ധാന ചെയ്യും അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ഭഗവാൻ പറയുന്നു സഞ്ചായത്തെ കാമ അതിനോട് അറ്റാച്ച്മെന്റ് ഉണ്ടായാൽ അടുത്ത സ്റ്റെപ്പ് അതെനിക്ക് വേണം അതെനിക്ക് വേണം കാമം എല്ലാം ഒന്നും സാധിച്ചെടുക്കാൻ ആർക്കും സാധ്യമല്ല അത് സാധിച്ചിട്ടില്ലെങ്കിൽ വരുന്ന വികാരമാണ് ഫ്രസ്ട്രേഷൻ ഉണ്ടാവും ആ ആഗ്രഹം തന്നെ ക്രോധമായിട്ട് മാറും വാങ്ങിച്ച് തന്നിട്ടില്ലെങ്കിൽ ക്രോധം ഉം ഭർത്താവിനോട് എന്തെങ്കിലുമൊക്കെ വേണമെന്ന് ആവശ്യപ്പെട്ടു വാങ്ങിച്ചു തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ കല്യാണം കഴിച്ച ദിവസം മുതൽ ഇങ്ങനെയാണെന്ന് പറയും കോപമായി ശണ്ടയായി മഹണം കൂട്ടലായി ക്രോധം ക്രോധാദ്ഭവതി സമ്മോഹ ഭഗവാൻ കോപത്തിന്റെ അടുത്ത സ്റ്റെപ്പ് എന്താ മോഹം എന്നാണ് എന്നുവെച്ചാൽ ബുദ്ധിഭ്രമം വന്നു പോവും തന്നെ മറന്നുപോകും ചെയ്യാൻ പാടില്ലാത്തതൊന്ന് ഒക്കെ ചെയ്തു പോവും പതുക്കെ പതുക്കെ ബുദ്ധി നശിക്കും ബുദ്ധിനാശാത്ത പ്രണശതി ബുദ്ധി എന്നുള്ളത് കൊണ്ട് ബ്രെയിൻ എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത് ഭക്തി ചെയ്യാനും ആത്മവിചാരം ചെയ്യാനും ധ്യാനിക്കാനും വേണ്ടതായിട്ടുള്ള സൂക്ഷ്മമായ ശ്രദ്ധ ഉള്ളിൽ നിന്ന് ഒഴുകിപ്പോകും അത് ഒഴുകിപ്പോയി കഴിഞ്ഞാൽ സത്സംഗത്തിലൊന്നും ഇരുന്നിട്ട് കാര്യമേ നമ്മളുടെ ഉള്ളില് ഉള്ള നമ്മൾ നഷ്ടപ്പെടുത്തി കളയും ബാങ്ക് അപ്പോ ആ ശ്രദ്ധയെ ഒഴുകിപ്പോയി കഴിഞ്ഞാല് ബുദ്ധിനാശാത്ത് പ്രണശ്യതി മനുഷ്യൻ അസ്തമിച്ചു പിന്നെ അവൻ ഈസ് ഓൺലി എ വെജിറ്റബിൾ യാതൊന്നും അയാൾക്ക് ഇനി മേലാൽ തനിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു വിധത്തിൽ ജഡമായിട്ട് പോകും അപ്പോ ഇത് മൂന്നും ശത്രുവിന്ന് അറിഞ്ഞോളാണ് വിധ്യേന മിക വൈരിടം ഭഗവാൻ പറഞ്ഞു ഇതിനെ വൈരി എന്ന് അറിഞ്ഞുള്ള ശത്രു ശത്രു പുറത്താരില്ല പുറത്തുള്ള ശത്രുക്കൾക്കൊന്നും നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല അകത്തുള്ള ശത്രുക്കൾ നമ്മളെ ഉപദ്രവിക്കുന്നില്ലെങ്കിൽ പുറമേക്കുള്ള ശത്രുക്കളൊക്കെ പാവങ്ങളാണ് അവരൊക്കെ നമുക്ക് വലിയ ഉപകാരം ചെയ്യുന്നവരാണ് ബന്ധുക്കളെക്കാളും സുഹൃത്തുക്കളെക്കാളും നമുക്ക് ഉപകാരം ചെയ്യുന്നവർ ശത്രുക്കളാണ് ശത്രുക്കൾ ആരെ വെറുക്കുന്നു നമ്മുടെ ശരീരത്തിന് അല്ലെ നമ്മളല്ലാത്ത ഒരു വസ്തുവിനെയാണ് അവർ ആ വെറുക്കുന്ന വഴി നമുക്ക് വലിയ ഉപകാരം ചെയ്തു തരും ദേഹാഭിമാനത്തിനെ എടുത്തു മാറ്റും എവിടെ മഹർഷിയോട് ഒരു ഭക്തൻ ചോദിച്ചു എന്നെ ഒരാള് വെറുക്കുന്നു വീണ്ടും വീണ്ടും ചീത്ത വിളിക്കുന്നു ഞാൻ എന്തു ചെയ്യണം മഹർഷി പറഞ്ഞു നീയും അയാളുടെ കൂടെ ചേർന്ന് ചീത്ത വിളിച്ചോളാം അയാൾ നിന്റെ ദേഹത്തിനെയല്ലേ ചീത്ത വിളിക്കണത് ദേഹം നീ അല്ലല്ലോ സ്വയമേവ ഞാനല്ല എന്ന് കണ്ടെത്തി നീക്കം ചെയ്യേണ്ടതാണ് ബോധമണ്ഡലത്തിന്ന് അതായത് നീക്കം ചെയ്യാൻ പറ്റില്ലല്ലോ ശ്രദ്ധാമണ്ഡലത്തിൽ നീക്കം ചെയ്താൽ ആത്മാവ് പ്രകാശിക്കും അപ്പൊ ഇയാള് ദേഹത്തിനെ ചീത്ത വിളിക്കുമ്പോ താങ്ക് വെരി മച്ച് എന്ന് പറയണം ഐ ആം ഗ്രേറ്റ്ഫുൾ ടു യു ഈ ഉപകാരം ചെയ്തു തന്നതിന് അപ്പോ ശത്രുക്കൾക്ക് ആർക്കും നമുക്ക് ദ്രോഹം ചെയ്യാൻ പറ്റില്ല നമ്മളുടെ ഉള്ളിലുള്ള ആഗ്രഹം കോപം ലോഭം ഇതൊന്നും നമ്മളെ ഉപദ്രവിച്ചിട്ടില്ലെങ്കിൽ അതാണ് ഇവിടെ കാമം ക്രോധം ലോഭം മോഹം തെത്വ ആത്മാനം ഭാവയ കോഹം ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് എങ്ങനെ ഉപേക്ഷിക്കണം ഉപേക്ഷിക്കണം ഉപേക്ഷിക്കണം പാരാ പറയാത്തത് ഇതെങ്ങനെ ഉപേക്ഷിക്കും ഇതിനെ ഉപേക്ഷിക്കാൻ എന്താ വഴി ആദ്യത്തെ സ്റ്റെപ്പ് പിടിച്ചോളും ഭഗവാൻ അതിന് ആദ്യത്തെ സ്റ്റെപ്പ് കാണിച്ചതും വിഷയങ്ങളെ വീണ്ടും വീണ്ടും ചിന്തിച്ചാൽ അത് ഉള്ളിലേക്ക് കയറും അങ്ങനെയാണ് ഈ വസ്തുക്കളൊക്കെ അകലമയ്ക്ക് കയറിയിട്ടുള്ളത് അപ്പൊ ഇനി എന്ത് വേണം ഇതുവരെ കയറിയതൊക്കെ പോട്ടെ അതിനോട് ചണ്ട പോണ്ട അത് അവിടെ ഇരുന്നോട്ടെ അത് ഇടയ്ക്കിടയ്ക്ക് കടിക്കുമ്പോൾ കടി വാങ്ങിച്ചോളൂ കുഴപ്പമില്ല പക്ഷെ പുതിയതായിട്ട് കയറ്റിയിട്ടില്ലെങ്കിൽ പഴയതൊക്കെ ദ്രവിച്ചു പോകും റിന്റെ സ്വഭാവം തന്നെ എന്താന്ന് വെച്ചാൽ തനിയെ ഇല്ലാതായി പോകുന്ന വസ്തുക്കളാണ് അവയൊക്കെ നമ്മളുടെ മനസ്സും തനിയ അടങ്ങും പക്ഷെ നമ്മൾ അതിനെ അടങ്ങാൻ സമ്മതിക്കാത്തത് അടങ്ങാത്തത് മനസ്സും തനിയെ അടങ്ങും അതിന്റെ നിയമമാണ് അടങ്ങും എന്നുള്ളത് പക്ഷെ എന്ത് ചെയ്യുന്നു നമ്മള് വീണ്ടും വീണ്ടും അതിന് ഫീഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് കൊണ്ടാ അതടങ്ങാത്തത് അതുകൊണ്ട് പഴയ ദൗർബല്യങ്ങളൊക്കെ അവിടെ ഇരുന്നോട്ടെ അതിനോട് ചണ്ട പോണ്ട പുതിയതായിട്ട് നമ്മൾ സ്റ്റെപ്പ് ഒന്ന് മാറ്റി ചവിട്ടി എന്താ ശ്രവണം കീർത്തനം വിഷ്ണോഹോ ഈ വിഷയധ്യാനം മാറ്റാനായിട്ട് സത്സംഗത്തില് ഇരുന്നു കൊണ്ട് ഭഗവാനെ കുറിച്ച് കേൾക്കുന്നു നമ്മളുടെ ചര്യ മാറ്റുന്നു ആചാര്യസ്വാമികൾ ഒരു ശ്ലോകത്തിൽ ചര്യ പറഞ്ഞു തരുന്നു ഇതിൽ ഭരഗോവിന്ദത്തില് എന്ന് വെച്ചാൽ അനുഷ്ഠാനം എന്ത് അനുഷ്ഠിക്കണം ഞാനിപ്പൊ എന്ത് ചെയ്യണം ഗേയം ഗീത നാമസഹസ്രം श्रीपति േയം ശ്രീപതിരൂപമജസ്രം നേ സജ്ജന സങ്കേ ചിത്തംയം ദീനജല ച वित्तं भज ഗോവിന്ദം भज ഗോവിന്ദം ഗോവിന്ദം भज മൂഢമത്തെ മനസ്സിനെ പതുക്കെ പതുക്കെ വിഷയങ്ങളിൽ നിന്ന് മാറ്റി മനസ്സ് രണ്ടു വഴിക്ക് പോകും ഈച്ചയെ പോലെയാണ് സാധാരണ മനുഷ്യന്റെ മനസ്സ് സജ്ജനങ്ങളുടെ മനസ്സ് തേൻ കുടിക്കുന്ന വണ്ടു പോലെയാണ് അത് പുഷ്പത്തിലിരുന്ന് തേനെ കുടിക്കുകയുള്ളൂ സാധാരണ മനുഷ്യന്റെ മനസ്സ് ഈച്ചയെ പോലെ മലത്തിലും ഇരിക്കും പുഷ്പത്തിലും ഇരിക്കും ദുർഗന്ധം വഹിക്കുന്ന ഡിച്ചിലും ചെന്നിരിക്കും സുഗന്ധമുള്ള സ്ഥലത്തിൽ ചെന്നിരിക്കും നല്ലതിലും ഇരിക്കും ചീത്തയിലും ഇരിക്കും ഈച്ചയെ വണ്ടാക്കി മാറ്റണം ഇപ്പൊ ഭ്രമരമാക്കി മാറ്റണം ശുഭാശുഭാഭ്യാം മാർഗാഭ്യാം വഹന്തീ വാസനാ സരി പൗരുഷേണ പ്രയത്നേന യോജനീയ ശുഭയെ പറ്റി നമ്മൾ ആദ്യത്തെ സ്റ്റപ്പ പൗരുഷത്തോടുകൂടെ അശുഭമാർഗത്തുനിന്ന് പതുക്കെ പതുക്കെ പതുക്കെ ശനൈഹി ശനൈഹി പതുക്കെ പതുക്കെ അതിനെ ശുഭമാർഗത്തിലേക്ക് കൊണ്ടുവരും ് വലിക്കാൻ പാടില്ല പതുക്കെ പതുക്കെ ആദ്യമൊക്കെ സഹേവാസനകൾ വീണ്ടും വന്ന് ആക്രമിച്ചു എന്ന് വരാം കുഴപ്പമില്ല ഇത്ര കാലമൊക്കെ നമ്മൾ അങ്ങനെയൊക്കെ ഇരുന്നതല്ലേ കൊഴപ്പില്ല പോട്ടെ ഒന്ന് വിടാം ഇപ്പൊ എന്ത് ചെയ്യുന്നു നമ്മളുടെ അനുഷ്ഠാനത്തിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തണം ഗേ എം ഗീത നാമസഹസ്രം താടണം താടാൻ അറിയില്ലല്ലോ താടണം എന്നുള്ളത് കൊണ്ട് പാട്ടുപാടണം എന്നല്ല ഗീത പാടണം എന്നാണ് ഭഗവത്ഗീതയെ പാടണം പാട്ടുക എന്താ അർത്ഥം അനുഭവത്തിൽ കൊണ്ടുവരിക ഗീതയെ പാരായണം ചെയ്ത് ഗീതാ തത്വങ്ങൾ മനസ്സിലാക്കി ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്ന തെളിഞ്ഞെടുത്ത് സാധനയിൽ ഒരു പാരായണം നിത്യപാരായണം അതേപോലെ സഹസ്രനാമം അതേപോലെ നാമജപം ഏതെങ്കിലും ഒരു മന്ത്രത്തിന് നിരന്തരം ജപം ചെയ്യാം മനസ്സ് അനേകമാർഗത്തിലൂടെ ഓടുന്നു അപ്പൊ ആനയൊക്കെ തെരുവിൽ നടക്കുമ്പോ തുമ്പിക്കൈ ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ടേയിരിക്കും അപ്പൊ അതിന് പിടിക്കാനോ ഒരു പട്ടയോ ചങ്ങലയോ എന്തെങ്കിലുമൊക്കെ പിടിക്കാൻ കൊടുക്കും അത് പിടിച്ചുകൊണ്ട് നടക്കും അതുപോലെ ഈ മനസ്സിന് പിടിക്കാനും ഒരു നാമം കൊടുക്കുക അല്ലെങ്കിൽ ഒരു രൂപം കൊടുക്കുക ഒരു ട്രാക്കുണ്ടാക്കി കൊടുക്കുക അതിന് ജപം ചെയ്യണം ജ്ജനസംഖ്യേ ചിത്തം മനസ്സിനെ ആദ്യം നമ്മളുടെ ബലം കൊണ്ട് നിയന്ത്രിക്കാൻ ശ്രമിക്കരുത് അത് ബാലിയുടെ നേരെ യുദ്ധം ചെയ്യുന്ന പോലെ ആയിപ്പോകും ആവായണത്തിൽ ബാലിയുടെ മുമ്പിൽ ആരെങ്കിലും യുദ്ധത്തിന് പോയാൽ അവരുടെ ബലമൊക്കെ ബാലിക്ക് പോവും പിന്നെ ജയിക്കാൻ പറ്റില്ല അതേപോലെ നമ്മളുടെ ബലം കൊടുത്തിട്ടാണ് മനസ്സിനോട് നമ്മൾ യുദ്ധം ചെയ്യുന്നത് അതുകൊണ്ട് പറ്റില്ല അതുകൊണ്ട് സജ്ജനസംഖ്യ ചിത്തം സത്സംഗത്തിൽ ഇരിക്കുക സത്സംഗത്തിൽ അങ്ങനെ സുഖമായിട്ടിരുന്ന് ഭഗവത് കഥകൾ കേട്ടും ഭഗവത് തത്വങ്ങൾ കേട്ടും അത്യാവശ്യം ഉറക്കം വന്നാൽ ഉറങ്ങിയും ഒന്നും കുഴപ്പമില്ല പക്ഷേ ദുസ്സംഗത്തിൽ സത്സംഗത്തിൽ ഇരുന്ന് ഉറങ്ങിയാൽ പോലും കുഴപ്പമില്ല സമയം ശുദ്ധമായിയല്ലോ ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിലും അത്രയും സമയം നമ്മള് വേണ്ടാത്ത വർത്തമാനം പറയില്ല ടി നോക്കില്ല പത്രം വായിക്കില്ല വേണ്ടാത്ത ഒരു വിചാരം വരില്ല ഉറങ്ങിയാലെങ്കിലും വേണ്ടില്ല കുഴപ്പമില്ല അപ്പൊ നെയ്യം സജ്ജനസംഖ്യ ചിട്ടം പൂർവകർമ്മത്തിന്റെ പ്രാരബ്ധവാസനകളും കുറെ ഫലം കർമ്മഫലങ്ങളും ഒക്കെ നീങ്ങിക്കിട്ടണം അതിനെന്ത് വേണം ഈ ശേഖരിച്ച് ശേഖരിച്ച് വെച്ചിട്ടുള്ള ധനം സമ്പത്തൊക്കെ ഉണ്ടല്ലോ ദീനജനായ ചേയം ആരാരും വിഷമിച്ചുകൊണ്ടിരിക്കുന്നു അവർക്കൊക്കെ വാരിക്കോരി കൊടുക്കുകയാണ് കെട്ടി നിർത്തിയാൽ വെള്ളം നാറും അതുപോലെ സമ്പത്തും കെട്ടി നിർത്തിയാൽ നാറും അത് വ്യാധികളായിട്ട് ആവിർഭവിക്കും അതുകൊണ്ട് വാരിക്കോരി കൊടുക്കുക അദ്ദേഹം ദീനജനായ വിത്തം എന്ന് ഒരു ചര്യ ഉപദേശിച്ചു പക്ഷെ ഇങ്ങനെയൊക്കെ നമ്മൾ മനസ്സിനെ ഭഗവാനിലേക്കും ധ്യാനത്തിലേക്കും കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴും മനസ്സ് വീണ്ടും വീണ്ടും കാമത്തിലും ക്രോധത്തിലും ഒക്കെ പോയിക്കൊണ്ടിരിക്കും എത്ര വിളിച്ചാലും പഴയ പരിചയമല്ലേ നായ കുറേ ദിവസം എടുത്ത് മടിയിൽ വെച്ച് വെച്ച് വെച്ച് നായയെ പരിശീലിപ്പിച്ചു നായിക്ക് എന്തെങ്കിലും ചൊറി പിടിച്ചാൽ പിന്നെ അടുത്ത് വരാൻ സാധിക്കില്ല എന്നാൽ നായ്ക്കറിയില്ലേ അത് വീണ്ടും വീണ്ടും മടിയിൽ വന്നിരിക്കും അപ്പോൾ ഓടിച്ചു ഓടിച്ച് കുറെ കഴിയുമ്പോൾ നമ്മൾ അടിക്കുമെന്ന് കണ്ടിട്ട് നായ തന്നെ നമ്മളെ കണ്ട ഓടും അതുപോലെ മനസ്സ് പഴയ പരിചയം മൂലം വീണ്ടും വീണ്ടും നമ്മൾക്ക് വിഷയവാസനകളെ കൊണ്ടുവന്ന് തരും അപ്പോ വിമർശനം ചെയ്ത ഉള്ളിൽ നിന്ന് നീക്കണം ഇത് എന്ത് വിഷയങ്ങളെ നമ്മളുടെ മുമ്പിൽ കൊണ്ടുവരുന്നു ആ വിഷയത്തിൽ ദോഷം കണ്ടാൽ പിന്നീട് ആ വിഷയം നമ്മളുടെ ഉള്ളിലേക്ക് വരിക ശരിക്ക് കാണുകയാണെങ്കിൽ തീ ചുടും എന്ന് നല്ലവണ്ണം അറിഞ്ഞ ആള് തൊടില്ല അറിയാത്തവനാണ് തുടങ്ങാറ് തീ എന്ന് പറഞ്ഞ് അറിഞ്ഞിട്ട് ഒരാൾ തൊടുകയാണെങ്കിൽ അയാൾക്ക് എന്തോ കുഴപ്പമുണ്ട് അല്ലെ കുഷ്ഠരോഗികള് തീയിൽ കാലുവെക്കും രോഗം മൂർച്ഛിച്ചേ അതേ സാധാരണ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോ തൊടുവോ ഈ രോഗം തീയുടെ ചൂടുപോലും അയാൾക്ക് സുഖമാക്കി അതുപോലെ മനസ്സിലുള്ള രോഗം വിഷയഭോഗം സുഖമാക്കി തീർക്കുക ഈ രോഗം ചികിത്സിക്കാതിടത്തോളം കാലം വീണ്ടും വീണ്ടും മനസ്സ് വിഷയങ്ങളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അതിന് മൂന്നു വിധത്തിൽ പിരിഞ്ഞു പോകും ആദ്യത്തെ സ്റ്റെപ്പാണ് നമ്മൾ ഇന്നലെ കണ്ടത് പണം പണത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ധനാഗമതൃഷ്ണാം കുരു സത്ബുദ്ധിം മനസ്സി വി തൃഷ്ണാം മനസ്സ് നേർത്തു വന്നാലേ മനസ്സ് സ്വരൂപത്തിൽ നിൽക്കുള്ളൂ പക്ഷെ മനസ്സ് സ്ഥൂല വസ്തുക്കളില് പെട്ടു നിൽക്കുമ്പോ മനസ്സ് ആത്മവിചാരത്തിന് പക്വമാവില്ല അതുകൊണ്ട് ആദ്യത്തെ സ്റ്റെപ്പായിട്ട് ഉപദേശിച്ചു ധനാഗമ ദൃഷ്ടാം ജഹീഹി പണത്തിനോടുള്ള അത്യധികമുള്ള കൊതിയെ മാറ്റി നിർത്തും പണം സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം ആളുകളൊക്കെ നമ്മളെ ബഹുമാനിക്കും നമസ്കരിക്കും സല്യൂട്ട് അടിക്കും നമ്മൾ വിചാരിക്കും നമ്മളെയാണ് അവർ സല്യൂട്ട് അടിക്കണത് ഏയ് തറസിനെയാണ് സല്യൂട്ട് അടിക്കുന്നത് നമ്മളുടെ പൊസിഷനെയാണ് സല്യൂട്ട് അടിക്കണത് നമ്മളെയല്ല പണമുള്ളത്തോളം ഭഗവാൻ മഹാബലി ചരിത്രത്തിൽ ഭാഗവതത്തിൽ പറഞ്ഞു ഏതൊരു ഭക്തനെ ഞാൻ അനുഗ്രഹിക്കണമോ അവന് ധാരാളം സമ്പത്തുണ്ടെങ്കിൽ ചിലപ്പോ ആ സമ്പത്തൊക്കെ പറിച്ചെടുത്ത് ഞാൻ ആളെ ബോണ്ടിയായി നിർത്തും എന്തിനാന്ന് വെച്ചാൽ പാപ്പറായി നിൽക്കുമ്പോ അയാൾക്ക് ലോഹം എന്താണോന്ന് കാണാം തലേദിവസം വരെ സല്യൂട്ട് അടിച്ചിരുന്ന ആളുകളും ഫോൺ ചെയ്തിരുന്ന ആളുകളും കത്തെഴുതിയിരുന്ന ആളുകളും ആരും അടുത്തേ വരില്ല എന്താ ഉണ്ടോ പോയോ എന്ന് ചോദിക്കില്ല വിത്തോപാർജനശക്ത താവൻ നിജപരിവാറോ രക്ത പശ്ചാത്ത് വാർത്ത പൃച്ഛതി കോജ ഗോവിന്ദം ധാരാളം പണം സമ്പാദിച്ചുകൊണ്ടേയിരിക്കുന്നു ഇടത്തോളം കാലം വീട്ടിലുള്ളവരൊക്കെ കുശലം വിചാരിക്കും രാവിലെ എണീറ്റ കോഫി റെഡിയായിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിരിക്കും ഷട്ട ഏൺ ചെയ്ത് വെച്ചിട്ടുണ്ടാവും റിട്ടയർ ആയി കഴിഞ്ഞ ശേഷം കുറച്ചു നേരം കൂടെ കിടന്നുകൂടെ കാപ്പി കുടിച്ചിട്ടില്ലെങ്കിൽ എന്താ ഒരു പനി പേപ്പറിൽ വെച്ചുകൊണ്ടിരിക്കും വിത്തോപാർജന ശക്ത പണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന കാലം നിജപരിവാരോ രക്ത പരിവാരം കൂടെയുള്ള പരിവാരങ്ങളൊക്കെ അറ്റാച്ച്ഡ് ആയിട്ടിരിക്കും ആചാര്യസ്വാമികൾ പറയണ അത് കഴിഞ്ഞിട്ട് ജീവിക്കേണ്ട ഒരു ഗതികേട് വരികയാണെങ്കിൽ വെച്ചാൽ റിട്ടിയർമെന്റോട് കൂടെ ആള് പോയാല്ട്ട് പശ്ചാത്തല അതുകൊണ്ട് വയസ്സായിട്ടുള്ളവര് ആദ്യം തന്നെ പണം ഒന്നും ആരുടെയും പേരിൽ എഴുതി വെക്കരുത് അവസാനം വേറെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കാം വേല അത് കൊടുത്തിളയരുത് കൊടുത്തിളഞ്ഞാൽ വില പോവും അപ്പൊ പശ്ചാത്ത് ജീവതി ജർജറദേഹെ പിന്നീടും ജീവിച്ച് ജീർണിച്ചുകൊണ്ടേ ഇരിക്കുമ്പോ വാർത്താ പൃച്ഛത്തി കോപ്പിന്ന ഗ ഗേഹാണ് ഒരൊറ്റ ആളും ശ്രദ്ധിക്കാനില്ല ചോദിക്കാനില്ല അന്വേഷിക്കാനില്ല ഒക്കെ വിട്ടുപോയി അപ്പോ പണംത്തിനോടുള്ള ആസക്തി അർത്ഥം അനർഥം ഭാവയനിക്കും ഈ ശ്ലോകങ്ങളൊക്കെ ഇതിനു വേണ്ടി എഴുതി ു കലേശ സത്യം പുത്രാദപി ധനഭാജാ ഭീതി ഇത് എല്ലായിടത്തും ഇത് എക്സെപ്ഷണൽ കേസസ് എവിടെയെങ്കിലും ഉണ്ടാവും എന്നല്ലാതെ ബാക്കി ജനറൽ ആയിട്ട് ലോകത്തിൽ മുഴുവൻ പണത്തിനു വേണ്ടിയുള്ള ജീവിതം ധനത്തിനു വേണ്ടിയുള്ള ജീവിതം ഭാഗവതത്തില് പത്താമത്തെ സ്കന്ഡത്തിലെ നളഹൂപരമണിഗ്രീവന്മാരുടെ കഥ പറയുമ്പോ സുഖബ്രഹ്മ മഹർഷി പറയുന്നു ചിലർക്കൊക്കെ ദാരിദ്ര്യം എന്ന് പറയുന്നത് കണ്ണു തുറക്കാൻ ഉള്ള ഒരു അനുഗ്രഹമാണെന്ന് ഒരുപാട് പണത്തിൽ കൊഴുത്ത അഭിമാനിയായ അഹങ്കാരിയായിരിക്കുന്നവന് ദുർമദാന്ധസ് ദാരിദ്ര്യം പരമഞ്ജനം അവനെ കണ്ണു തുറക്കാനുള്ള ഒരു മരുന്ന് പോലെ ചിലപ്പോൾ ദാരിദ്ര്യം പ്രവർത്തിക്കും കയ്യിലുള്ളതൊക്കെ പോയി കഴിയുമ്പോൾ ചിലപ്പോൾ കണ്ണു തുറക്കും ദൃഷ്ടി ഉണ്ടാവുന്ന എന്താന്ന് വെച്ചാൽ ഈ ധനത്തിനോടുള്ള മോഹം ജഡം അല്ലേ വെറും ഒരു പേപ്പർ കടലാസ് നമ്മൾ പരസ്പരം സാധനങ്ങൾ കൊടുക്കാനും വാങ്ങാനും വേണ്ടി കണ്ടുപിടിച്ചത് അത് നമ്മളെ ഭരിക്കാൻ തുടങ്ങുമെന്ന് ആലോചിച്ച് നോക്കൂ വെറും ഒരു കടലാസ് അപ്പൊ ഇതിനെ ആദ്യം ഈ മോഹത്തിന് എടുത്തു കളഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളുടെ ഭക്തിയും ജ്ഞാനവും ഒന്നും പ്രയോജനപ്പെടില്ല അതിനെ വ്യവഹരിക്കണം പക്ഷെ അത് നമ്മളെ വ്യവഹരിക്കരുത് അതിനെ ഉപയോഗിക്കണം പക്ഷെ അത് നമ്മളെ ഉപയോഗിക്കരുത് അതാണ് എല്ലഭസേ നിജകർമ്മോ പാത്തം തേന വിനോദയ ചിത്തം എന്ന് പറഞ്ഞ് രണ്ടാമത്തത് വിത്തേഷണം അടുത്തത് എന്താ പരസ്പരം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പരസ്പരമുള്ള ബന്ധം വളരെ പവിത്രമായിട്ടുള്ള ഗൃഹസ്ഥാശ്രമ ബന്ധത്തിനല്ല ഇവിടെ പറയണത് മോഹം ഭാഗവതത്തിൽ ഒരിടത്ത് പറയുന്നു ഹൃദയഗ്രന്ഥിമാഹു എന്നാണ് ഹൃദയത്തിലെ അഹങ്കാരം സംസാര ബന്ധനത്തിനുള്ള മൂല തീരുന്നു ഇത് എവിടെ നോക്കിയാലും നമുക്ക് കാണാം ഇതു വെച്ചുകൊണ്ട് കച്ചവടം ചെയ്യുന്ന ഒരു കാലം നമുക്കിപ്പോ റോട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അതാണ് അടുത്ത ശ്ലോകം നാരീസ്തനഭര നാഭീദേശം ഹൃദ്ശം ഏതൻ വിചിന്തയ മാംസവസാദി വികാരം മനസ്സി വിചിന്തയ വാരം വാരം മനസ്സിൽ വീണ്ടും വീണ്ടും ചിന്തിക്കാം എന്താ വീണ്ടും വീണ്ടും ചിന്തിക്കേണ്ടത് ഒരു സ്ത്രീക്ക് പുരുഷന്റെ ശരീരമാണെങ്കിലും തുല്യം പുരുഷനെ സ്ത്രീയുടെ ശരീരമാണെങ്കിലുള്ള മോഹം ഈ മോഹം മാംസവസാദി വികാരം മാംസപിന്ധത്തിനോടുള്ള ആഗ്രഹം എന്നാണ് മലമാംസമയം വപുഹു നാരീ സ്ഥലഭരനാഭീദേശം സ്ത്രീയുടെ ശരീരം ശരീരത്തിനോടുള്ള മോഹം കൃത്വമാകാ മോഹാവേശം ഇതൊക്കെ ആചാര്യസ്വാമികൾ ഒരുപക്ഷെ ആരെങ്കിലും ഒക്കെ കണ്ടിട്ട് ഉപദേശിച്ചതായിരിക്കും ഓരോ ശിഷ്യന്മാർക്കും അനുസരിച്ചിട്ടുള്ള ഉപദേശമായിരുന്നിരിക്കണം ഏതോ ഒരു ശിഷ്യന് അവന്റെ ദൌർബല്യം കണ്ടിട്ടുള്ള ഉപദേശമാണ് കൃത്വമാക മോഹാവേശം അതില് തീയിൽ വീഴുന്ന പാച്ച പോലെ ഭാഗവതത്തിൽ പറയുന്നു മഴക്കാലത്ത് തീ കൊളുത്തി വെച്ചാൽ പാച്ചകൾ ഇങ്ങനെ വന്ന് തീയിൽ വന്ന് വീഴും അതുപോലെ ഈ രൂപം കണ്ടിട്ട് മയങ്ങി വീഴാം ഉം സിനിമകളും ഡ്രാമകളും ഏത് നോക്കിയാലും പുരുഷന്മാരുടെ ശരീരം സ്ത്രീകളുടെ കച്ചവടമാണ് നമുക്കിന്ന് സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് വിചാരിക്കുന്നു സ്ത്രീ സ്വാതന്ത്ര്യമല്ല ഇപ്പൊ ഉള്ളത് സ്ത്രീ വെറും കച്ചവട ചരക്ക് ഇതിനെ സ്ത്രീകൾ മുൻകൈ എടുത്തിട്ടില്ലെങ്കിൽ ഇതൊന്നും നിൽക്കില്ല ഇന്നലെ ആരോ ഒരു നോട്ടീസൊക്കെ തന്നു അശ്ലീലമായി ചിത്രങ്ങൾ പ്രദർശിപ്പിക്കലും മറ്റുമൊക്കെ അതിനൊക്കെ എതിർത്തുകൊണ്ട് ഇതിന് പുരുഷന്മാരെ എതിർത്തിട്ട് കാര്യമില്ല സ്ത്രീകൾ എതിർക്കണം സ്ത്രീകൾ എതിർത്താലേ കാര്യം നടക്കുകയുള്ളൂ ടി വി കുടുംബത്തിൽ ഇരുന്ന് കാണേണ്ടതാണോ വീട്ടില് വാങ്ങിവെക്കണം അച്ഛൻ അമ്മ മക്കള് പേരക്കുട്ടികള് എല്ലാവരും കൂടെ കാണുന്നത് ഈ വൃത്തികേടുകളാണ് ഇത് ടീവിച്ചെന്ന് വീഴുന്ന പാറ്റകൾ പോലെ പ്രത്യേകിച്ച് ചെറിയ ചെറിയ കുട്ടികളുടെ മനസ്സൊക്കെ കേടുവരുത്താൻ ഇത് മതി ഇന്റർനെറ്റും എന്തൊക്കെയോ പുന്തുരാണ്ടങ്ങൾ ഉണ്ടപ്പോ ഇനിയിപ്പിതൊക്കെ എവിടെ പോയി നിൽക്കുന്നൊന്നും പറയാൻ വയ്യ ഇതിപ്പോ ശങ്കരാചാര്യ സ്വാമികളുടെ കാലമൊന്നും അല്ലേ ഇനിയിപ്പതിപ്പോ നമ്മൾ പിടിച്ചിട്ടൊന്നും നിക്കില്ല അതുകൊണ്ട് നമ്മൾ ഇതൊന്നും പറയാൻ പോണില്ല എവിടെയോ പോട്ടെ എങ്ങനെയോ പോട്ടെ ഒരു ജീവൻ രക്ഷപ്പെടണമെങ്കിൽ ആ ജീവൻ രക്ഷപ്പെട്ടോളൂ എവിടെ നാട് നന്നാക്കാനോ ലോകം നന്നാക്കാനോ ഒന്നും സാധ്യമല്ല ലോകം ഇങ്ങനെയോ ഉണ്ടാവുള്ളൂ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ നമുക്ക് രക്ഷപ്പെട്ടോളം നമ്മളുടെ മനസ്സിനെ ലോകവിഷയങ്ങളിൽ പറഞ്ഞയക്കാതിരിക്കാനായിട്ട് ഒരു മാർഗം ഇവിടെ ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞത് അതിനെ വിമർശനം ചെയ്ത് കാണുക എന്താ ഉള്ളത് ഒരു ശരീരത്തില് വെറും മാംസപിണ്ഡം പുറമേക്ക് തോൽ മാത്രം ഇല്ലായിരുന്നുവെങ്കിൽ കയ്യിൽ വടിയും കൊണ്ട് നടക്കണം കാക്ക പുറകെ വരും മലമാംസമയം വപുഹു മലവും മാംസവും മൂത്രവും ഒക്കെ അല്ലാതെ ഈ ശരീരത്തിൽ എന്തുണ്ട് മാംസവസാദി വികാരം മനസ്സി വിചിന്തയെ വാരം വാരം വീണ്ടും വീണ്ടും അത് നിന്ദിച്ച് നീക്കുകൾ ഉള്ളതാണ് മനസ്സിന് ദോഷം കാണിച്ചു കൊടുക്കാം വിഷയങ്ങളോട് ദോഷം കാണിച്ചു കൊടുക്കുക അവിടുന്ന് മനസ്സ് പിൻവലിയട്ടെ അല്ലെങ്കിലോ അവസാനമായാൽ വയസായാൽ പോലും ഈ വാസനയൊന്നും പോവില്ല വാർധക്യമായാൽ പോലും അനുഭവിക്കാൻ ഒന്നും സാധ്യമല്ലെങ്കിലും ഉള്ളിൽ തൃഷ്ണൈകാ സരുണായതേ ഭർതൃഹരി പറയണു തൃഷ്ണ യൗവനത്തിൽ നിൽക്കും ഭർതൃഹരി തന്നെ ഇവിടെ അടുത്ത് പറയുന്നു കവികൾ നമ്മളെ നശിപ്പിച്ചു കാളിദാസനടക്കം എന്താന്ന് വെച്ചാൽ അവാസ്തവമായ വസ്തുക്കളെയൊക്കെ കവികൾ കൽപ്പന ചെയ്ത് പെരുപ്പിച്ച് തൊക്കെ ഉണ്മയെന്ന പോലെ ഈശ്വരനെ വർണ്ണിക്കാനായിട്ടുള്ള കവിതയെ മനുഷ്യശരീരത്തിനെ വർണ്ണിക്കാൻ ഉപയോഗിച്ച് അസത്തിൽ സത്തങ്ങളുള്ള ബുദ്ധി കൊണ്ടുവന്ന് കവിജന വിശേഷം സ്ഥനവും മാംസഗ്രന്ഥി കനകലശാവിദ്യുപമിതവും മുഖം ശ്ലേഷ്മാകാരം തദപിച്ച് ശശാങ്കേന തുലിതം ഇതൊക്കെ സംസ്കൃതം അറിയണവർക്ക് മനസ്സിലാവും അപ്പോ ഈ ജഡവവസ്തുക്കളെയൊക്കെ വർണ്ണിച്ച് വർണ്ണിച്ച് അതിനെയൊക്കെ ഇങ്ങനെ മുമ്പിൽ കാണിച്ച് കാണിച്ച് മനുഷ്യ മനസ്സിനെ ട്രാപ്പ് ഈ മാനിനെ പിടിക്കുന്ന പോലെ വല വെച്ച് മാനിന് ശബ്ദം കാണിച്ച് പിടിക്കുന്ന പോലെ പാറ്റരൂപം കണ്ട് വീഴുന്ന പോലെ ഈ വസ്തുക്കളിൽ ചെന്ന് വീണ് ഭഗവാനെയും മറന്നുകളയരുതാണ് ഉദ്ദേശം അത്രേ ഉള്ളൂ ഭഗവാനെ മറന്നു കളയരുത് നാരീസ്തന ഭരനാഭിദേശം മൃത്വാ മാഗാമോഹാവം ഏതൻ വിചിന്തയ മാംസവസാദി വികാരം മനസ്സി വിചിന്തയ വാരം വാരം നല്ലവണ്ണം വീണ്ടും വീണ്ടും ചിന്തിച്ച് ഇത് ദോഷമാണെന്ന് കണ്ടാ മനസ്സങ്ങോട്ട് പോവില്ല പുറമേക്ക് മുഴുവൻ അനിത്യമാണ് ദുഃഖമാണ് ഇതൊക്കെ നമുക്ക് ദുഃഖം തരും എന്ന് കണ്ടാൽ ആര് ചിന്തിക്കും ആരെങ്കിലും ചിന്തിക്കോ നമുക്ക് പേടിയുള്ള കാര്യം പലതും ചിന്തിക്കില്ല മരണത്തിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കും നമുക്ക് ഭയം ഉണ്ടെങ്കിൽ ചിന്തിക്കില്ല ഒരു രോഗത്തിനെ കുറിച്ച് ചിന്തിക്കും ക്യാൻസർ നമുക്ക് ക്യാൻസർ വന്നാൽ എങ്ങനെയുണ്ടാവും ധൈര്യമായിട്ട് ആരെങ്കിലും ചിന്തിക്കോ എന്താ ആലോചിക്കുമ്പോഴേ പേടി തോന്നുന്നു അല്ലേ അപ്പൊ അതേപോലെ അതിൽ ദൂഷ്യം കാണുകയാണെങ്കിൽ നമ്മളുടെ മനസ്സങ്ങോട്ട് പോവില്ല ദൂഷ്യം കാണുകയാണെങ്കിൽ പോവില്ല ദൂഷ്യം കണ്ടുകഴിഞ്ഞാൽ മനസ്സ് സ്വയമേവ ഹൃദയത്തിൽ അടങ്ങിയിരുന്നു ഭഗവാൻ നമ്മുടെ മഹർഷിയോട് ഒരു ഭക്തൻ ചോദിക്കണമെന്ന് ഉദ്ദേശിച്ചിട്ട് മഹർഷിയുടെ മുറിയിലേക്ക് ചെന്നു എന്താ ചോദ്യം എന്ന് മനസ്സ് പുറമേക്ക് ചലിച്ചു ഓടിക്കൊണ്ടിരിക്കുന്ന ഈ മനസ്സ് എപ്പോൾ സ്വയമേവ അകമേ വന്നിരിക്കും യത്നിക്കാതെ വിഷമിക്കാതെ തന്നെ മനസ്സ് പുറമേക്ക് ഓടാതെ അകമേക്ക് വന്നിരിക്കുന്ന ഒരവസ്ഥ വരുമോ ഈ ചോദ്യം ചോദിക്കാനായി മഹർഷിയുടെ മുറിയിൽ ചെന്നപ്പോൾ മഹർഷിക്ക് മൃഗങ്ങളും പക്ഷികളും കൊച്ചു ജീവികളും ഒക്കെ അദ്ദേഹത്തിന്റെ കൂട്ടുകാരാണ് അപ്പൊ ഒരു അണ്ണാൻ പ്രസവിച്ചിരിക്കാം ആ അണ്ണാൻ ആ മുറിയിൽ ഇങ്ങനെ ഓടി നടക്കണം അതിൽ ഓരോ അണ്ണാംകുട്ടിയായിട്ട് മഹർഷി പിടിച്ചുകൊണ്ടുവന്ന് ഒരു പെട്ടിയിലാക്കുക പെട്ടിയിലിട്ടിട്ട് മറ്റൊരു അണ്ണാംകുഞ്ഞിനെ പിടിച്ചുകൊണ്ടുവരുമ്പോഴേക്കും ഈ പെട്ടിയിലിട്ടത് പുറമേക്ക് ചാടി ഓടും അത് പിടിച്ചുകൊണ്ട് വീണ്ടും ഓടും ഇങ്ങനെ ഓരോന്നായി പിടിച്ചുകൊണ്ടുവന്ന് പെട്ടിയിലടക്കി എന്നിട്ട് ഈ ചോദ്യം ചോദിക്കാമെന്ന ആൾക്ക് അപ്പത്തന്നെ ഏകദേശം പിടികിട്ടി നമ്മളുടെ ജോലി ഇതുപോലെയാണ് മനസ്സ് പുറമേക്ക് പോകുന്നു അകമയ്ക്ക് കൊണ്ടുപോകുന്നു പുറമേക്ക് പോകുന്നു അകമയ്ക്ക് എല്ലാം കൊണ്ടുവന്ന് ആ ശേഷം മഹർഷി പറഞ്ഞു പാവം ഇന്ന് അണിലുക്ക് ഉലകത്ത പൂന ഭയം ഇരുന്ന് അത് വെയില പോയിണ്ടേക്ക് പൂനയെ ഒരുക്ക പാത്തു താ അത് കടിക്കും തെരിഞ്ഞാൽ താലാവേ വന്ന് ഉള്ള പൂന്ത ആ അതുക്കാരുറ വരെ നമ്മളാതാ ഉള്ള പോക്കണം പൂച്ച കടി അറിയുന്നവരെ ഓടിക്കൊണ്ടിരിക്കും കടിക്കുന്ന പൂച്ചയെ കണ്ടാൽ താനേ വന്നിരിക്കും ഈ കടിക്കുന്ന പൂച്ച എന്താ ദുഃഖം വിഷമങ്ങനെ അപ്പൊ ഉണ്ടാവും വൈരാഗ്യം ഉണ്ടാവും വൈരാഗ്യം ഉണ്ടാവും സകല വസ്തുക്കളോടും വിരക്തി വരും പക്ഷേ അതുവരെ നമുക്ക് നമ്മൾ തന്നെ മനസ്സിനെ അകമേക്ക് കൊണ്ടുവരണം അതിനെ വൈരാഗ്യം അഭ്യസിക്കണം വൈരാഗ്യം എങ്ങനെ അഭ്യസിക്കും ഇതുപോലെ നമ്മൾ ഏതേത് വസ്തുക്കൾ നമ്മളെ ആകർഷിക്കണമോ ആ വസ്തുക്കളിൽ ദൂഷ്യം കണ്ടാൽ മനസ്സ് അവിടുന്ന് പിടിവിട്ട് അകമേക്ക് വരും അതിന്റെ ദൂഷ്യം കാണും ദോഷദൃഷ്ടിയാ മുഹുർ മുഹുഹു വിവേക ചൂടാമണിയില് ആചാര്യസ്വാമികൾ പറഞ്ഞു ദോഷദൃഷ്ടി വിഷയങ്ങൾ ദോഷദൃഷ്ടി കണ്ട മനസ്സ് ഭഗവാനിലേക്ക് വരും ഗോവിന്ദ ഭജനത്തിലേക്ക് വരും ഭഗവത് ഭജനത്തിലേക്ക് വരും ഭഗവാനെ ഹൃദയത്തില് പിടിച്ചോളും പിന്നെ ഭഗവാനിൽ രുചി ഏർപ്പെട്ടു തുടങ്ങിയാലോ ശ്രവണ കീർത്തന മനനാദി സാധനകൾ കൊണ്ട് ഹൃദയത്തില് ഭക്തി രുചിച്ചു തുടങ്ങിയാൽ പിന്നീട് വേണമെന്ന് വെച്ചാലും പറ്റില്ല യഥാർത്ഥ ഭക്തനെ ഭക്തി ഉദിച്ചു തുടങ്ങിയാൽ നാമജപം ധ്യാനം സങ്കീർത്തനം എന്നുള്ളത് രുചിച്ചു തുടങ്ങിയാൽ പിന്നെ അയാൾക്ക് ഈ സീരിയലും അത് ഇതും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുക കണ്ടിരുന്നാൽ എത്ര നേരം തന്നെ ഇരിക്കും കുറച്ചു നേരം വേണമെങ്കിൽ ഇരുന്നാൽ പോലും അയാളെ ബാധിക്കില്ല അയാളെ ആകർഷിക്കും